അള്ളാഹു സുബഹാനഹൂവറ്റ് ആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അല്ലാഹു സുബഹാനഹൂവറ്റ് ആലയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമേ അള്ളാഹു സുബഹാനഹൂവറ്റ് ആലയുടെ പള്ളികൾ പരിപാലിക്കുകയുള്ളൂ ഒരുപക്ഷെ അവർ സന്മാർഗതരിലായിരിക്കാം